മർമ്മത്തെ അറിയുന്ന വൈദ്യന്മാരുടെ ഇടയ്ക്കിലേക്ക് കൊണ്ടുപോകും മിക്കവാറും അമ്മമാർക്കും മർമ്മത്തെ കുറിച്ചുള്ള വിവരമുള്ളതുകൊണ്ട് മുക്കണ്ണൻ പെരുക മനൊരു ചെടിയുണ്ട് തെറ്റിട്ടില്ല തരുന്നതില്ല തെരിഞ്ഞ അല്ല വേറൊരു ചെടിയാണ് മൂന്നലേഴ് ചെയ്യും പലതും ഉള്ളതാണ് മുക്കണ്ണൻ പെരുക എന്നുള്ളത് മുക്കണ്ണൻ പെരുക് പുകയേറ മുട്ടയുടെ വെള്ള ശന്നിനകം മർമ്മ ഗുളികകൾ പലതരം മർമ്മ ഗുളികകൾ ഒരുപാട് ഇതുണ്ട് മുറിവെണ്ണ അത് മുടിവെണ്ണ തന്നെ മുക്കണ്ണൻ പെരുകും പുകയറയും സാധാരണ മുടിവെണ്ണയിൽ നിന്ന് ചേർക്കാറില്ല ഇങ്ങനെയുള്ള ഔഷധങ്ങളൊക്കെ ഉണ്ടാവും പഴയ അമ്മമാർക്കറിയും അവരാൾ അരച്ചിടും കുഞ്ഞിനെ മുട്ടയിൽ മീറ കൊടുത്തു ഭരിച്ചു തരുന്ന അല്ലെങ്കിൽ മനസ്സിലായില്ല കേട്ടിട്ടില്ല മീറ മുറു അങ്ങടികട കിട്ടും മുട്ട അല്പം പൊട്ടിച്ചിട്ട് മുറു മേടിച്ചുകൊണ്ടുവരാൻ താമസമുണ്ടായാൽ ജീരകം പൊടിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കാരണം മർമ്മത്തിന് പിഴവ് വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അപ്പോൾ അസ്ഥിയിൽ വരുന്ന ഈ സാധനങ്ങൾ ഈ ആഘാതങ്ങൾ പിന്നീട് അസ്ഥിയിൽ ഗ്രന്ഥികളുണ്ടല്ലോ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നവും ഒടിയൽ ചതയൽ മുതലായവ വരുമ്പോൾ ആധുനിക രീതിയിലുള്ള സന്താനങ്ങൾ ചെയ്തു കഴിഞ്ഞു ഭാവിയിൽ പോസ്റ്റിയോ സർക്കോമയിലേക്ക് ഇത് വഴിമാറുന്നതാണ് പലപ്പോഴും ഇത് വഴിമാറുന്നത് ഒരു തലമുറയ്ക്ക് അസ്ഥിയിലുണ്ടായ ആഘാതം അസ്ഥിധാതുവാണ് പരിണമിച്ച് മജ്ജാധാതുവും ശുക്രധാതുവുമായി തീരുന്നത് കൊണ്ട് അസ്ഥിയിലെ പരിണാമം അടുത്ത തലമുറയിൽ കുഞ്ഞിലേക്ക് വരുമ്പോൾ അത് ഓസ്റ്റിയോ സെർക്കോമയിലേക്ക് മാറുന്നത് വളരെ കൂടുതലായിരുന്നു ഓസ്റ്റിയോ സെർക്കോമ മുപ്പത് നാൽപ്പത് കൊല്ലത്തിനുമ്പ് ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് ധാരാളമായി കാണുന്നത് അസ്ഥിസന്ധാന ക്രിയകളിൽ ആധുനിക വൈദ്യശാസ്ത്രം താൽക്കാലികമായ പര്യവേഷണങ്ങൾ നടത്തി നിങ്ങളെ നടത്തി ഇറക്കിവിടുമ്പോൾ സന്തുഷ്ടരായി പോകുന്ന നിങ്ങളുടെ ജനിതക സിനിമയിലേക്ക് ഔഷധങ്ങളും പരിണാമങ്ങളും എത്രത്തോളം വരുന്നുവെന്ന് അന്വേഷിക്കുവാൻ വൈദ്യശാസ്ത്രം ഇനിയും തയ്യാറാകാത്തത് മാത്രമാണ് വണ്ടി ഓടിക്കുന്നവൻ മുട്ടുമ്പോഴും ചാടുമ്പോഴും അടുത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന പേരിൽ നൂറ്റമ്പത് കിലോമീറ്ററിൽ ഓടുമ്പോഴും ഇന്ത്യൻ റോഡിലൂടെ ഓടുമ്പോഴും ഏത് ഇതിൻ്റെ പൊക്കത്തിൽ നിന്ന് എടുത്ത് ചാടുമ്പോഴും ഇതൊക്കെ അത്ഭുതം കാണിക്കലാണെന്ന് ചേർത്തി ചാടുന്നവർ മർമ്മങ്ങളിലേക്കുന്ന പിഴവുകളും അസ്ഥിയിലേക്കുന്ന പിഴവുകളും അവന്റെ അടുത്ത തലമുറയ്ക്ക് വരദാനമായി നേടിക്കൊടുക്കുന്ന രോഗങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ടോ എന്ന് ഇനിയും ചിന്തിക്കുവാൻ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞിട്ടില്ല െങ്കിലും ഓസ്റ്റിയോ സർക്കോമ കാണുമ്പോ ചിന്തിച്ചു നോക്കിയാലും മനസ്സിലാവും അസ്ഥിമുഴുത്തും വീർത്ത് തേങ്ങയോളം ഒക്കെ വലിപ്പത്തിൽ തോളല്ലോ കൈമുട്ടോ കാൽമുട്ടോ വാല്യല്യോടോ ലോകം കൂടി കണ്ടിട്ടുണ്ടാവും ഒരാളെയെങ്കിലും ഇല്ല അത്ര വരെ ഇത് ഓസ്റ്റിയോ സർക്കോമ കുറഞ്ഞ പക്ഷം ഇരിക്കുന്നിടത്തെല്ലാം എല്ലാം ഒടിയുകയും പൊട്ടുകയും ചെയ്യുന്ന പോസ്റ്റീവ് ഇമ്പർഫെക്റ്റ് ഉള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടാവും മനസ്സിലായില്ല ഗർഭസ്ഥാവസ്ഥയിൽ അമ്മ കഴിക്കുന്ന മരുന്നുകളുടെ ആന്ദോളനമാണെന്ന് ഇനിയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഞാൻ പഠിക്കേണ്ട സാധനമല്ല എനിക്ക് പിള്ളേരൊന്നുമില്ല ഞങ്ങളൊക്കെ അന്തക വിത്തുകളിൽപ്പെട്ടതാണ് ഇനി നിന്നും മുളകിയൊന്നുമില്ല ഞങ്ങളിവിടെ നിന്ന് സുന്ദരമായിട്ടൊന്ന് പോവും പോലെ നിങ്ങളിവിടെ പോയതെല്ലാം ആരോഗ്യമുള്ളതായിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മോക്ഷം കിട്ടുക നിങ്ങൾ പഠിക്കേണ്ടത് തീർത്ഥനാണ് അവനായിട്ട് ചുമതലയില്ലെങ്കിൽ ഇവിടെ ഒന്ന് അടിച്ചു ജീവിച്ച് കുറെ തിന്നു കുടിച്ചു എണചേർന്നു അവസാനം നിലവിളിച്ച് മരിച്ചു ആനന്ദത്തോടെ ഈ മണ്ണിനോട് വിട പറയണമെങ്കിൽ ഈ മണ്ണിന്റെ അന്തസ്ത ചൈതന്യത്തെക്കാളേറെ നിങ്ങളുടെ അന്തസ്ത ചൈതന്യത്തിന്റെ ഭാവപ്രത്യങ്ങൾ പഠിക്കണം അറിയണം അതിന് കൊള്ളിലെങ്കിൽ പണിക്കുന്നു ഇറങ്ങരുത് വരണം തരരുത് വേഷം മാറിയില്ലെങ്കിലും ഞാനും സ്വാമിയുടെ കൂടെ ഏതാണെന്ന് തോന്നും ഞാൻ പൊതു അർത്ഥം ആണോ പറത്തിന് ശേഷിപ്പൊക്കെ ശേഷിപ്പിച്ചിട്ട് പോകുമ്പോ ആലോചിക്കണം പ്രകൃതി നിങ്ങളല്ല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 കാരണമായുണ്ടാകുന്ന വേദനയോടുകൂടിയ ഗ്രന്ഥി രൂപത്തിലുള്ള വീക്കത്തെ അസ്ഥിഗ്രന്ഥി എന്ന് പറയുന്നു ഇതൊക്കെ എത്രയോ പ്രാചീനമായി കണ്ടെത്തിയതാണ് രൂപത്തിലുള്ള വീക്കത്തെ ആണ് അസ്ഥിഗ്രന്ഥി എന്ന് പറയുന്നതെങ്കിൽ വ്രണങ്ങൾ പൂർണ്ണമായി ഉണങ്ങുന്നതിന് മുമ്പ് ഒരു വ്രണം ഉണങ്ങുന്നതിന് മുമ്പ് ഉണങ്ങിയ ഉടനെയോ അതുകൊണ്ടാണ് പഴയ അമ്മമാർ പറയും വ്രണത്തിന് ചുറ്റും ചൊറിച്ചിൽ വരുമ്പോ പറയും ഉണങ്ങാനാ വരുന്നില്ല ഏ അത് നോക്കിട്ട് പറയും ഉണങ്ങാന ചൊറിയും നല്ല ചുറ്റും ചൊറിയുമ്പോൾ ഉണങ്ങാനാന്ന് പറഞ്ഞു ചൊറിയുമ്പോ പഴുക്കാനാണെന്ന് പറഞ്ഞു രണ്ടും ഒരേ ലക്ഷണമാണ് പഴുത്ത് പഴുപ്പ് പോയി ഉണങ്ങാനാവുമ്പോ ചൊറിയും പഴുപ്പ് ചൊറിയും അപ്പോൾ അത് നോക്കിയിട്ട് പഴയ അമ്മമാർ പറയും ആ ഉണങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഉണങ്ങുന്നതിന് മുമ്പ് രണ്ട് സമയങ്ങളിൽ അത് തുറന്നിട്ട് തുറന്നിട്ട് രണ്ട് സമയങ്ങളിൽ ആഹാരം പഥ്യമായിരിക്കണം കാരണം വൈറസുകളും അമിതകളും ബാക്ടീരിയകളുമെല്ലാം ഇതിൽ വന്നുകൂടാൻ തുടങ്ങുന്ന സമയത്ത് ആഹാരം പഥ്യമല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവും കാരണം അവയുടെ ഒരു ആവാസ വ്യവസ്ഥ അതിലുണ്ടാവും മരുന്നുകൾ കൊണ്ട് കാര്യമില്ല ഇന്നൊരു വ്രണവും ഉണങ്ങുക മരുന്നുകൊണ്ട് വ്രണം വഴുത്തു തുടങ്ങിയാൽ കണ്ടിച്ചു കളഞ്ഞിട്ടാണ് ഇന്ന് ഉണക്കുന്നത് ഭാഗമാണ് ഉണക്കുന്നത് കാരണം ആദ്യകാലത്ത് കണ്ടെത്തിയിരുന്ന ആന്റി വൈറൽ ആക്ടിവിറ്റിയുള്ള എല്ലാ ഔഷധങ്ങളെയും ആധുനിക വൈറസുകൾ അവരുടെ അമിനോ അമ്ലങ്ങളിൽ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അമേരിക്ക തന്നെ ഇന്ന് ബിഗ് ബഗ്ഗിന്റെ പിടിയിലാണ് ബിഗ് ബഗ് എന്നാ പറയുക വൈറസിനെ നിയന്ത്രിക്കാൻ വരുന്നില്ല വൈദ്യശാസ്ത്രത്തിൽ ഇന്ന് ചെറിയ വൈറൽ പണി വന്നാൽ പോലും ശമിക്കില്ല തന്നെ പോണം മരുന്നുകൾ അപകടകാരികളാക്കുകയും ചെയ്യും ആന്റിവൈറൽ ആക്ടിവിറ്റി തേടിയുള്ള ഗവേഷണത്തിന് ലോകത്തിൽ ഇന്ന് അഞ്ച് അഞ്ച് കമ്പനികളെയുള്ളൂ ലോകമെമ്പാടും അത്ഭുതം സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളിൽ ഒരിടത്ത് പോലും ഒരെണ്ണം പോലുമില്ല ഇത് നോട്ട് ചെയ്തിട്ട് നല്ലമാണെന്ന് തോന്നിയാൽ അടുത്തോണവരുമ്പോ ചൂരുമായി പോരാ നിങ്ങളൊക്കെ പഠിക്കുന്നവരാണ് പഠിച്ചു കഴിഞ്ഞവരാണ് അപ്പൊ ആ നിലയിൽ ഇപ്പൊ പ്രണമുണങ്ങുന്നതിന് മുമ്പ് അതുകൊണ്ട് പറയും മോനെ പദ്യമായിട്ടിരിക്കണം പദ്യമായിട്ടിരുന്നാൽ മൂത്രമതി പ്രണവുണങ്ങാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല പദ്യമായിട്ടിരുന്നാൽ തെങ്ങിന്റെ മൊരിമതി പ്രണമുണങ്ങാൻ ഒരു തവളയുടെ പുറത്തെ സ്രവം മതി തവളയെ വെച്ച് കെട്ടിയാൽ മതി വ്രണ ആ ഉണങ്ങുന്നതിന് മുമ്പോ ഉണക്കു വരുമ്പോഴോ ഏതെങ്കിലും കാരണവശാൽ അബദ്ധ്യാഹാരങ്ങൾ ശീലിക്കുകയോ ക്ഷതങ്ങൾ ഏൽക്കുകയോ ഉണ്ടായ വാദവും രക്തവും ദൂഷിച്ച് വ്രണാശിതമായി കോവിച്ച് ഭ്രണഗ്രന്ഥിക്ക് കാരണമാകുന്നു അത് കൂടുതലും പല്ലുവേദന വരുമ്പോഴാണ് അത് മോണയിലെ വ്രണം കൊണ്ടാണ് പലപ്പോഴും പല്ലുവേദന ഉണ്ടാവുന്നത് അങ്ങനെ ഉണ്ടാവുമ്പോൾ വീട്ടിൽ പലതരം ആഹാരം ഉണ്ടാവും കഴിക്കും മനസ്സിലായില്ല നാനാവിധവും ഡെന്റിസ്റ്റിൻ്റെ അടുക്കെ അപ്പോൾ വെളുത്ത് കാണുന്നു എന്ന് പറയും ഏതായാലും ഓം കോളേജിനെ കണ്ടിട്ട് വന്നിട്ട് മതി എന്ന് പറയും മോണ കടിച്ചിട്ടുണ്ട് ഞാൻ പട്ടിടിക്കില്ല ഒന്ന് കണ്ടിട്ട് പോകാന്ന് പറയും കേട്ടിട്ടില്ല ചെല്ലുമ്പോൾ ചൂറാവും ആ ഗ്രന്ഥികൾക്ക് കാരണം ഇതാണ് അല്ല ബാങ്കിൽ ചെല്ലറിങ്ങനെ ഓണം തെറുതി കാണിച്ച പോലെ സമയം ഞാൻ എനിക്ക് ലഭിക്കുമോ എന്നൊരു ശങ്ക കഴിയുന്നതും ക്ലാസ്സിനല്ലാതെ വരുന്നവർ ഒരു അഞ്ചു മണിയാവുമ്പോഴേക്ക് വന്നാൽ മതി അല്ലെങ്കിൽ അവർക്ക് അസ്വസ്ഥ ഉണ്ടാകും ഇടയ്ക്ക് എന്ന് കേൾക്കുമ്പോൾ യാത്ര ഇതൊന്നും എന്ത് നമ്മളെ വിട്ടുകൂടെ എന്ന് തോന്നുന്നു അതുകൊണ്ട് പറഞ്ഞ വ്രണങ്ങൾ ഉണ്ടാവുമ്പോൾ വ്രണം പഴുക്കാനോ വ്രണത്തിൽ നിന്ന് ഗ്രന്ഥിയുണ്ടാകാനോ കാരണമാകുന്ന തണുത്ത ആഹാരം കുളിച്ച ആഹാരം വളിച്ച ആഹാരം ഇവിടെ കഴിക്കരുത് മനസ്സിലായി അധികം ചൂടുള്ളവ കഴിക്കരുത് അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ വർജിക്കണം ആ സമയത്ത് അതൊക്കെ കഴിച്ചാൽ പഴകിയതും രൂക്ഷവും വിതാഖി ഒക്കെ എലിവുള്ളത് കഴിക്കരുത് ഗണപ്രീകളല്ല എലുവുള്ളത് കഴിച്ചാൽ കൂടുതലും നല്ല സാമ്പാറ് നല്ല സാമ്പാർ കൂടി ഒക്കെ ഇട്ടങ്ങനെ കലക്കി അഴിച്ചു കൊണ്ടാൽ പിറ്റേ നടന്നു പോകുമ്പോൾ ഉറച്ച കേൾക്കും അതിൽ നി രെടുക്കും ചീറ്റ് ചീറ്റുക ചെയ്യാം കോഴിമുട്ട നല്ല കോഴിമാംസം അടിച്ചാൽ സ്ഥിരാഗ്രഹത്തിൽ പൊട്ടും ഫൈൽസ് പൊട്ടും വൈകുന്നേരം ഒരു കോഴിമുണ്ട അടിച്ചേറ്റ് ഫൈൽസ് ഉള്ളവൻ പോയി അങ്ങിരിക്കും പൂക്കുറ്റി നിരക്കുന്ന പോലെ എടുക്കും മനസ്സിലായില്ല ഒന്നും അറിയില്ല നല്ല ഫൈൽസോ വേലിക്കോസിലോ ഉള്ളവൻ ഒരു പെക്ക് അഴിച്ചേറ്റ് നടക്കുമ്പോൾ വേലിക്കോസില് പൊട്ടും ഒരു പെക്ക് അടിച്ചേറ്റ് യൂറോപ്യൻ ക്ലോസിലേക്ക് പോയി അങ്ങെ ഇരിക്കുമ്പോൾ ഇതെടുത്താൽ പോലും പൊട്ടും പെട്ടിയുണ്ടാ കൊട്ടുന്ന പോലെ നോക്കുമ്പോ യൂറോപ്യൻ ക്ലോസിറ്റ് നിറച്ച് ബ്ലഡ് ഉണ്ടാവും മനസ്സിലായില്ല മനസ്സിലായില്ല നല്ല പൈലത്തുള്ളവന് ശരിക്കും ക്ഷീണം വരാനും കപ്പൂസിന്ന് എടുത്തുകൊണ്ടുവരാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ബന്ധു വാങ്ങിച്ചു കൊടുത്താൽ മതി ഒന്നും മനസ്സിലായിട്ടില്ല ഞാൻ കളിയായിട്ട് അത് വളരെ എളുപ്പമാണ് നല്ല കോഴി മാംസം കൊടുത്താലും മതി അത് രൂക്ഷങ്ങളും വിദാഹികളും ഉഷ്ണങ്ങളുമായ ആഹാരമാണ് അവരുടെ ചെന്നാലിതെന്താവും മുളക് ഉറപ്പാണ് കുതിരാഗ്രന്ഥിയിൽ ലേരിക്കോസിലും വ്രണത്തിൽ ഒക്കെ എരിവ് എരിവ് മനസ്സിലായില്ല എരിവ് മനസ്സിലായില്ല പിന്നെ ചോദ്യം വേണ്ടല്ലോ എന്ന് പറഞ്ഞത് ആ രസം കടു കടു രസം കടു രസം അമ്ലരസം ലവണരസം ഉഷ്ണം വിദാഹി ഇതൊക്കെ അതാണ് ദുഷിച്ച് വ്രണാശ്രിതമായി കോവിച്ച് ഭ്രണഗ്രന്ഥിക്ക് കാരണമായി തീരും ിൽ പുകച്ചിൽ വേദന എന്നിവ ഗ്രഹഗ്രന്ഥിയുടെ പ്രധാന ലക്ഷണങ്ങളാണ് വ്യായാമ്യതൈ അക്ഷിപ്യവായുർ സ്ഥിരാപ്രധാനം സമ്പീര്യ സങ്കോച്ച വിശേഷ്യജാവി ഗ്രന്ഥിൻ കരു ന്നതമാശു വൃത്തം ഗ്രന്ഥി സ്ഥിരാജ സുസൃതം സുസൃതത്തിൽ പറയും അതിവ്യായാമം വ്യായാമം നല്ലതാണ് ആധുനിക കാലം തൊഴിൽ വ്യായാമമായി ചെയ്യുന്നതിന് പകരം വ്യായാമം തൊഴിലായി ചെയ്യുന്ന കാലമാണ് അവനവന്റെ വീട്ടിൽ പിന്നയാണം കഴിയുകയല്ല ഒരു തൂമ്പ എടുത്ത് കിളക്കിയാൽ അതൊക്കെ ചെയ്താൽ മാനസിക ഉല്ലാസത്തോടൊപ്പം വ്യായാമം കിട്ടും രാവിലെ ഒരു ചക്രം തിരിക്കുകയോ രാവിലെ മിച്ചമടിച്ചു വാരോ മനസ്സിലായില്ല മിച്ചമടിക്കാൻ വേലക്കാരിയാക്കിയിട്ട് ബാല്യം ഭർത്താവും കൂടെ അമ്പലം വഴി നിർമ്മിത്തറവരെന്ന അടക്കുക മനസ്സിലായില്ല മറ്റവൾ അവിടെ നിന്ന് വ്യായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓണ വഴി പോണമെന്നും എന്നിട്ടാഴ്ച ആഴ്ച ചെക്കപ്പാണ് ചെക്കപ്പ് കഴിയും തോറും കൂടുകയാണ് അങ്ങനെ നല്ല മന മാനസിക ഉല്ലാസത്തോടൊപ്പം ചെയ്യേണ്ടതായി പണി പ്രായമായ അച്ഛനമ്മമാരുണ്ടെങ്കിൽ ആ കാല് തിരുമ്പുമ്പോ കൈക്കൊരു വ്യായാമം കിട്ടും മനസ്സിലായില്ല അതിനു ഇങ്ങനെയൊന്നും കിടക്കണ്ട സന്തേലം കാല് പോയി തിരുമ്മിയാൽ മതി അതിന് മാനസിക ഉല്ലാസം കിട്ടും അനുഗ്രഹം കിട്ടും ആദൃഷ്ട ഉണ്ടാവും ദൃഷ്ടം ഉണ്ടാവും അതിന് വേറെ കാശിക്ക് പോകണ്ട പറയാൻ എനിക്ക് മനസ്സിലാവും നിങ്ങൾ അവസാനം എല്ലാം തല്ലിക്കൊല്ലുമെന്നായിരിക്കും ശ്രീ കണക്കിന് അല്ല ശവ കൊണ്ടിക്കു ആയ കൊണ്ട് സമാധി ഉണ്ടോ എന്ന് പറയാൻ പറ്റുകയുണ്ട് അതുകൊണ്ട് വളരെ അറിവില്ലാഹി വിശേഷേണ ദാഹികളായ ആഹാരങ്ങൾ ദഹിപ്പിക്കുന്ന ആഹാരങ്ങൾ വിശേഷേണ കോശങ്ങളെ ദഹിപ്പിക്കുന്ന ആഹാരങ്ങൾ വിശേഷ വിദ്യാ ദഹിപ്പിക്കുന്നത് കൊണ്ട് വിദേ വിദാഹികൾ ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുക അതിവ്യായാമം ചെയ്യുക രാവിലെയുള്ള കാര്യം കാശുള്ളതിന്റെ ഉങ്കാണ് നാല് ട്രെഡ്മില്ല മകനൊരെണ്ണത്തിൽ മകളൊരെണ്ണത്തൽ തള്ളയൊരെണ്ണത്തെ രാവിലെ വേറുകയാണ് അപ്പോഴ് വേറൊരു വേലക്കാരനെ അരിയരയ്ക്കാൻ മറ്റൊരിതൻ മുളകരയ്ക്കാൻ വേറെ എടുക്കാൻ ദോശ ഇടാൻ മനസ്സിലായില്ല എന്നിട്ട് ഇവനൊക്കെ കൂടി അധ്വാനിച്ചത് ഇവൻ രാഗിയും തുപ്പിയും തൂടിയും ഉണ്ടാക്കി വെക്കുന്നവർക്ക് പോയി മൂക്കറ്റടിച്ച് ഇവൻ അമ്പത് പൈസ ശമ്പളവും കൊടുക്കുക ഒരു ദോശയ്ക്ക് അമ്പത് പൈസ വരണം ഇങ്ങനെ ഇത് ലക്ഷം രൂപയുടെ ശമ്പളം കിട്ടിയതിന്റെ കുഞ്ു കാണിക്കാൻ ട്രക്കിൽ എക്സർസൈസ് എങ്ങനെ നിങ്ങൾ രക്ഷപ്പെടും ഉടനെ തമ്പരാൻ സമ്മതിക്കോ ഇതും മനസ്സിലായിട്ട മുറൊക്കെ കൊടുത്തിൽപ്പെട്ടതാണ് ശക്തമായിട്ടത് അതുകൊണ്ട് അതിവ്യായാമം അത്യധ്വാനം വർക്ക് അക്കോഡി മിതമല്ലാത്ത അധ്വാനം അതും പ്രത്യേകിച്ച് അധികമേരം നിന്ന് ജോലി നിന്ന് ജോലി ചെയ്യാം നിന്ന് പണിയെടുക്കുക ശരീരപുഷ്ടികരമല്ലാത്തതും വിരുദ്ധവുമായ ആഹാരങ്ങൾ ശരീരത്തിൻ്റെ പുഷ്ടിക്ക് പറ്റാത്ത ആഹാരങ്ങൾ അതുപോലെ വിരുദ്ധാഹാരങ്ങൾ മത്സ്യം പാല് ചക്കപ്പഴം പാല് മുതിര പാല് ക്ഷീരം കുലഥം പനസേന മത്സ്യഗിരി അങ്ങനെ വരുന്നവർക്ക് വിരുദ്ധാഹാരങ്ങളാണ് അവ ഓട്ടോ ഇമ്യൂൺ തകരാറുകൾക്ക് വരെ കാരണമാവും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 തണുത്ത വെള്ളത്തിൽ കുളിക്കുക അജീർണം ക്രോധാദി മനോവികാരങ്ങൾ പുകവരി അതുപോലെ രാത്രിയിൽ ഉറക്കമിളയ്ക്കുക തുടങ്ങിയ കാരണങ്ങളാൽ രക്തം ദുഷിച്ച് വായു സ്ഥിരാഗത സ്ഥിരകളിൽ വായു കോവിച്ച് ശൂലം സ്ഥിരാ കുഞ്ചന പൂരണം സ്ഥിരയുടെ അത് കൂമ്പുക സ്ഥിരയുടെ പൂരണം അത് വികസിക്കുക അതുപോലെ തന്നെ വാദത്തെ ആവരണം ചെയ്ത് ദോഷദൂഷ്യ സമ്മൂർജനം ഉണ്ടാവുക പ്രത്യേകിച്ച് അതക്കായ സ്ഥിരകളെ ആശ്രയിച്ച് ശരീരത്തിന്റെ അധോഭാഗങ്ങളിൽ കാല് മുതലായ ഭാഗങ്ങളിൽ ആശ്രയിച്ചുണ്ടാവുക അവയെ ശോഷിപ്പിച്ചും ശിഥിലമാക്കിയും സ്ഥിരാഗ്രന്ഥിക്ക് കാരണമായി തീരുന്നു ഇതിനെയാണ് സ്ഥിരാഗ്രന്ഥി അല്ലെങ്കിൽ വേലിക്കോസൽ എന്ന് പറയുന്നത് ഞങ്ങൾ പഠിച്ചിരിക്കുന്നു ഇപ്പൊ കണ്ടുപിടിച്ചതാണ് ഇതൊന്നും ആയുർവേദം കണ്ടിട്ടില്ല വേലിക്കോസിൽ ഇപ്പം കണ്ടുപിടിച്ചതാണ് ഇതിന് മരുന്ന് പോലും ആധുനികരുടെയിലില്ല മര്യാദയ്ക്ക് പദ്യത്തോടുകൂടി ആഹാരം നോക്കി മര്യാദാപൂർവം അർച്ചസിന്റെ മരുന്നുകൾ കഴിച്ചാൽ സ്ഥിരാഗ്രഹത്തിൽ പോവും വേറെ മരുന്നൊന്നും വേണ്ട ഏത് വേലിക്കോസിലും പോവും വെറും നിലമ്പരന്റെ അരച്ച് പാലിലോ പൂവാൻകുറുന്തലെ അരച്ച് പാലിലോ പെരിങ്ങലത്തിന്റെ വേരരച്ച് പാലിലോ അപ്പോൾ കഴിച്ച ഒരൗൺസ് പാളയംകോടം വാഴയുടെ പഴത്തിൻ്റെ ചാറും അരൗൺസും വാളംപുളിയുടെ ചാറും കാലവും സുപ്പും ചേർത്ത് ഒരു ഡൂസ് കഴിച്ചാലോ പൊക്കെ ഇതാഴും അതുകൊണ്ട് വളരെ എളുപ്പമുള്ള സാധനങ്ങളാണ് ഇതും മലഗ്നൻ്റാകാവുന്നതാണ് സ്ഥിരാഗ്രന്ഥികളും എവിടെയും പാളയങ്കോടൻ മൈസൂർ പോലെ അതിൻ്റെ പഴത്തിൻ്റെ ജ്യൂസ് അതിൻ്റെ പുഴ അടിക്കുക മിക്സിയിൽ അരച്ചെടുക്കാൻ അല്ലെങ്കിൽ കൈ കൊണ്ട് ഇടിച്ചെടുക്കുക പിതുക്കിയെടുക്കുക തുടിക്കാത്ത പിഴിഞ്ഞാൽ മതി ഉപ്പ് ചേർത്ത് പിഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം തന്നെ ഇട്ടു വെള്ളമൊന്നും ചേർക്കേണ്ട എതിന് വെള്ളം ഈ വെള്ളം ചേർക്കുന്ന കാര്യം ഓർമ്മ ഇതൊന്നും ഷാപ്പില സുകുമാര കളേപരന്മാരിൽ അഭിഷ്യന്തിയും ഗുരുസനിഗ്ധ ശീതപ്രധാനങ്ങളായ ആഹാരങ്ങൾ വേഗരോധം അതായത് തുമ്മൽ നിരോധിക്കുക എക്കിട്ടയെ നിരോധിക്കുക അതുപോലെ തന്നെ മരത്തെ നിരോധിക്കുക മലം വേണ്ട സമയത്ത് വിസർജിക്കാതിരിക്കുക മൂത്രം നിരോധിക്കുക ഇതൊക്കെ ഇപ്പോഴുള്ള ആധുനികരുടെ ഇടയിലുള്ളതാണ് തൊഴിൽ കാരണം പലപ്പോഴും സ്ത്രീകൾ ജോലിക്ക് പോയാൽ വീട്ടിൽ നിന്നിറങ്ങിയ ജോലിസ്ഥലത്ത് ലാറ്റിനൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നിട്ടായിരിക്കും മൂത്രമഴിക്കുന്നതും കക്കൂസി പോകുന്നതും അത്രയും നേരം ഇവയൊക്കെ പിടിച്ചു നിർത്തും അത് വേഗരോധമാണ് ആധുനികന്റെ മൊറാലിറ്റിയുടെ ഭാഗമാണ് കുമ്മലിനെ നിരോധിക്കാൻ ശരിയല്ല മേശരടിക്കരുത് തുമ്മരുത് നോക്കും സൂക്ഷിച്ച ആളുകൾ ശരിയല്ല തുമ്മൽ നിയന്ത്രിക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനോട് ഏറ്റുവാൻ പറയുക ഇനി നമ്മളൊന്നും തുമ്മിയാൽ അവന്റെ മൂക്ക് ധരിക്കുമെങ്കിൽ ധരിക്കേണ്ടെന്ന് നോക്കുക മാനേജ് ഇല്ലാത്തവൻ നോക്കും ഇപ്പൊ തുമ്മലൊക്കെ ആരോഗ്യത്തിൽ പ്രധാനമാണ് തുമ്മൽ അതുപോലെ തന്നെ എക്കിട്ട അതുപോലെ തന്നെ മലമൂത്രം ശുക്രം തുടങ്ങിയ വേഗങ്ങൾ അതേപോലെ തന്നെ അഭോവായു കീശ്വാസം അതൊക്കെ ഞെക്കിപ്പിടിക്കും മനസ്സിലായില്ല അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ജനിക്കണം ആ അവിടെ പ്രശ്നമില്ല അത് കൊണ്ടുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും വന്നാലാണെങ്കിലും പൊക്കോട്ടൊന്ന് ജനിക്കും നിങ്ങളാകുമ്പോൾ ആകെപ്പാടെ ഞെക്കിപ്പിടിച്ച് ബഹളമാക്കി അവസാന മൊഹമൊക്കെ വികൃതമായി സ്ഥിരകളെയൊക്കെ ആകെ ബാധിച്ച് വലിയ അപകടമായിട്ടാണ് നിങ്ങളിതൊന്ന് പുറത്തേക്ക് തള്ളുക മറ്റവനെയും അയൊന്നുമില്ല പരിമളം നാസ്തി എന്ന പ്രമാണത്തിൽ പറഞ്ഞു ആ അതിനൊരു പാട്ടും ഉണ്ട് ആ പാടി പിന്നെ ഒരു ശ്ലോകം മുഴുവനുണ്ട് ഞാൻ അത്രയും പോകേണ്ടെന്ന് വിചാരിച്ചാണ് എന്റെ പ്രാണസങ്കടമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളായ പാടെ പ്രധാനത്തിലാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെ എനിക്കുണ്ടോ മായൂ അപ്പോ ഇങ്ങനെയുള്ള വേഗങ്ങളെ നിരോധിക്കുന്നത് കൊണ്ടും യഥാകാലം ശോധനക്രിയകൾ ചെയ്യാതിരിക്കുക കൊണ്ടും രക്തദുഷ്ടി സ്ഥിരാഗ്രന്ഥികൾക്ക് കൂടുതൽ ഇടയാക്കും സ്ഥിരാഗ്രന്ഥി അധികവും കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് പുരുഷന്മാരിൽ കുറവാണ് ആർത്തവ വൈഷമ്യം സ്ഥിരാഗ്രന്ഥിയിൽ വളരെ പ്രധാനമാണ് കാരണം ഗുന്മം രക്തഗുന്മം അതുകൊണ്ട് ആർത്തവ വൈഷമ്യം നിമിത്തവും ഗർഭകാലത്തുള്ള രക്തസഞ്ചയം മറ്റവധ്യങ്ങൾ എന്നിവയിൽ സ്ഥിരാഗ്രന്ഥി ഉണ്ടാക്കാനിടയാക്കുന്നു അത് യോനിയിലും മറ്റും സ്ഥിരാഗ്രന്ഥി ഉണ്ടായി പൊട്ടിയ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 ഗ്രന്ഥമേഷു കുർ പിശുദ്ധ്യോപയേ വ്രണ ദോഷ ഭേഷജം എന്ന് ചക്രതത്വം പറയും ചക്രവാണിയുടെ ഗ്രന്ഥികളിൽ വ്രണശോഭത്തിനു പറഞ്ഞ മാനമായ ആമാവസ്ഥയിൽ ദോഷകോപത്തിന് അനുസൃതമായി അപാന തലങ്ങളെ നോക്കി അപതർപ്പണാദി ചികിത്സ ചെയ്യാവുന്നതാണ് അപതർപ്പണം ചെയ്താൽ ഇത് മാറും ഗ്രന്ഥി കീറി ശുദ്ധി വരുത്തിയ ശേഷം വ്രണചികിത്സ ചെയ്യാം ശസ്ത്രക്രിയയും സുശ്രുതാദികൾ പറയുന്നുണ്ട് രക്ത അതിധാതുക്കളെ ആശ്രയിച്ചുള്ള കഭപ്രധാനമായ ദോഷദൃഷ്ടി ഗ്രന്ഥിക്ക് കാരണമാകുന്നതിനാൽ ശോധനാപ്രധാനമായ അപതർപ്പണാദി ഉപക്രമങ്ങളാണ് ഗ്രന്ഥി ചികിത്സയിലെ പ്രധാന പ്രതിക്രിയ അമൃതം മുപ്പത് ഗ്രാം ഏതാണ്ടൊരു ആറ് കഴഞ്ച് കഴിക്കാത്തോട് ഇരുപത് ഗ്രാം ചുക്ക് പത്ത് ഗ്രാം തഴുതാമവേല അറുപത് ഗ്രാം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 കടുക്കാത്തോട് ഇരുപത് ഗ്രാം സുക്ക് പത്ത് ഗ്രാം തഴുതാമ പേര് അറുപത് ഗ്രാം ഇപ്പം നൂറ്റി ഇരട്ടി കഷായം എന്ന് പറയും അറുപത് ഗ്രാമാണ് ഒരു കഷായത്തിൻ്റെ യോഗം വളരെ കുറച്ച് നാളെ വീണ്ടു കൃത്യമായ മദ്യത്തോടെയാണെങ്കിൽ കഷായം ആറ് നേരം കാ ഒന്ന് ഷാ ഒന്ന് ആറ് ഒന്ന് യാ ഒന്ന് മറിച്ചിരുമോ നൂറ്റി നൂറ്റി അറുപത്തൊന്ന് നേരം കഴിക്കാനുള്ളതാണ് കഷായം അത് വെച്ച് കഴിച്ച് നൂറ്റി നേരം കഴിച്ചാൽ എത്ര ഒമ്പനായ രോഗവും കഷായം കൊണ്ട് മാറും പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തതല്ലെങ്കിൽ പ്രിസർവേറ്റീവൊക്കെ ചേർത്തതാണെങ്കിൽ വേറൊരു രോഗമൊക്കെ ഉണ്ടാവും മനസ്സിലായിട്ട അതിനൊക്കെ വീട്ടിൽ വെച്ച് കഴിക്കണം അതിന് പഴയ കഷായ ചിലവൊക്കെ കപ്പിയെടുത്ത് കഴുകി വെക്കണം ആ അല്ല പക്ഷേ ആ പ്രക്രിയയിൽ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് നമ്മുടെ ശരീരത്തെ സൂക്ഷിപ്പിച്ചെടുക്കുന്നതാണ് അറുപതും അറുപതും നൂറ്റി ഇരുപത് ഗ്രാം ഗ്ലാസ് വെള്ളം ഒന്നര ഗ്ലാസ് ആക്കി പിഴിഞ്ഞരിച്ച് അര ഗ്ലാസ് വീതം മൂന്ന് നേരം മേമ്പൊടി മുൻകുലു നിത്തകം ആവണക്കെണ്ണ അത് കൊടുത്ത് ശോധന ഉണ്ടാക്കിയാൽ പെട്ടെന്ന് മാറും പടവലം ത്രിഫലത്തോട് കടുക്കാതാന്നിക്കാന്നല്ലിക്കാം വേറെ അടുത്ത യോഗം പടവലം ത്രിബലത്തോട് വേപ്പിൻ തോല് മരമഞ്ഞൾ തോല് ചിറ്റമൃത് തഴുതാമ വേര് ഇവ ഒരു കഴഞ്ച് വീതം അഞ്ച് ഗ്രാം വീതം തൃഗോൽപ്പക്കൊന്ന് ഇരുപത് ഗ്രാം ചേർത്ത് കഷായമാക്കി മുമ്പേ പറഞ്ഞ പോലെ പന്ത്രണ്ട് ക്ലാസ്സുള്ള ഒന്നര ക്ലാസ് ആക്കി അതുകൊണ്ട് കഷായമാക്കി എന്ന് പറഞ്ഞത് കഴിച്ചാൽ ദാഹം പുകച്ചിൽ ജ്വരം ഇതയോടുകൂടിയ ഗ്രന്ഥികൾ പോകും ഗ്രന്ഥിക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഔഷധമാണ് കൊന്നത്തൊലി മിക്കവാറും എല്ലാ ക്യാൻസറിനും ഉപയോഗിക്കാം മിക്കവാറും ഉള്ളതൊക്കെ ഏതാ പോവും ഈ രണ്ടുമൂന്നെണ്ണം തിരിച്ചും മറിച്ചുമൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളവൻ ഇതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ മാറും ഒട്ടക്കെണ്ണം നിറച്ച് മാവുള്ള മാവേലെറിഞ്ഞാൽ മാങ്ങാ വീഴുമെന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ മാറും അവട്ട് ഗ്രന്ഥികൾ മാറുമെന്ന് പറഞ്ഞാൽ ക്യാൻസറും ഒക്കെ മാറും മരുന്നുകൾ നിസാരവാ അതുകൊണ്ട് ഇതൊക്കെ കുടിച്ചു കൊടുത്ത പ്രയോജനമൊന്നും ഉണ്ടാവില്ല ഇത് അതീവ ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കി കുപ്പിക്കാത്താക്കി പതുക്കെ കൊണ്ടുപോയി കൊടുക്കുക കാശ് ചോദിക്കുമോ പറയുക വേണ്ട എന്താ വേണ്ട തയ്യോന്ന് നിങ്ങൾക്ക് തരാനാവില്ല ദുരു ലക്ഷം രൂപയാണ് അപ്പോ എട്ട് ലക്ഷം കൊടുത്ത് ചികിത്സിച്ചിട്ട് വന്നവന് ഏതാണ്ട് ഒരു സ്റ്റാൻഡേർഡാവും പന്ത്രണ്ട് ലക്ഷത്തിന്റെ ആയുർവേദം അവന് നടത്തും വരെ അലോപ്പതി എത്തിയിട്ടുള്ളൂ അപ്പൊ തന്നെ കേൾക്കുമ്പോ തന്നെ മാത്രമല്ല ഫ്രിയായി തന്നിരിക്കുന്നത് മറ്റേടത്തെ കാശിനും മനസ്സിലായില്ല ഇതൊക്കെ വളരെ ആ ഗ്ലാസ് മുഴുവൻ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം അത് വറ്റിച്ച് ഒന്നര ഗ്ലാസ് ആക്കി പിഴിഞ്ഞിടുക അതൊരു ജനറൽ യോഗമാണ് കൊന്നത്തൊലി തഴുതാമ പേര് ചുക്ക് തൃകോൽപ്പക്കൊന്ന വീട്ടിലരുവോ കൊന്നത്തൊലി ചുക്ക് തഴുതാമ പേര് തൃകോൽപ്പക്കൊന്ന ചിറ്റ നമ്മളത് കടുക്കാത്തോട് ദേവതാരം കടുക്ുരോഹിണി മുമ്പേ പറഞ്ഞ പോലെ കഷായം വെച്ച് കഴിച്ചാൽ ചൊറിച്ചിലോടുകൂടിയ ഗ്രന്ഥികളിൽ ശോധനയാവും അതൊന്നും ഗുൽകുലുദിക്ത ആവണക്കെണ്ണ ഏർക്കണം എന്നിട്ട് കൊടുത്താൽ വരുന്ന പുഴകളും ക്യാൻസറുകളും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവയ്ക്ക് വജ്രകരസായനം അത്യുത്തമമാണ് വജ്രകരസായനം കണ്ടത്തിൽ വരുന്നവയ്ക്കും അതെ കുളം അത്യുത്തമമാണ് ശോധന പരുത്തി രക്ഷപ്പെടുത്താൻ ആരഗ്വത കുളം വജ്രക രസായനം ഈ ആരഗ്വത നല്ല കണിക്കുന്നയുടെ പഴങ്ങൾ മുരിങ്ങേക്കാ പോലെ കിടക്കും കണ്ടിട്ടുണ്ടോന്നറിയില്ല അത് നല്ല പഴുക്കുമ്പോഴെടുത്ത് മണലിൽ കുഴിച്ചിടുക അതിന്റെ പതുക്കെടുത്ത് അതിൻ്റെ തോലുകളെ ഞകത്തെ എടുക്കുക ആ മജ്ജ എടുത്ത് നല്ല ശർക്കരയും ചേർത്ത് നല്ല ഭംഗിയായിട്ട് രസായന ഭാഗത്തിൽ വാങ്ങിവെച്ചിട്ട് കഴിക്കുക ഇല്ലെങ്കിൽ ആ മറ്റ തന്നെ പാതി കൊടുക്കുക വയറിളകുമ്പോൾ മിക്കവാറും ഗ്രന്ഥിയൊക്കെ പഴയ അമ്മമാരിയെ അഭ്യാസം ചെയ്തിരുന്നു കണിക്കുന്നയുടെ ഒരു കാര്യവും അവർ കളയില്ല രാജവൃക്ഷമെന്നാണ് പറയുക അതുകൊടുത്ത് അതിന് ഈ സമയത്താണ് കായ എടുത്തു വെച്ചിട്ടുമില്ലെങ്കിൽ അതിൻ്റെ തോല് എന്തിക്കൊണ്ടിരും ആ തോൽ എത്തിക്കൊണ്ടുവന്ന് വെള്ളം തെളിച്ചിടിച്ച് കഴിഞ്ഞാൽ മൊഴി കളഞ്ഞിട്ട് അതൊരു പത്ത് എം എൽ നീര് പാലിലും കൊടുക്കും രാവിലെ കുഞ്ഞറിയിലെ മരുന്നാണെന്നൊന്നും പാല് കുടിക്കും കുടിച്ച് അകത്തെത്തുന്നതും വയറിളകും രണ്ടു നേരം വയറിളവും മഴയൊക്കെ പറ്റും ശരീരത്തെവിടെയുള്ള മഴയായാലും കാരണം ബുധവും മസ്തിഷ്ക പര്യങ്കാതര ദേശവും തമ്മിൽ അത്രയും ബന്ധമുണ്ട് മസ്തിഷ്ക പര്യങ്കാതര ദേശത്തിനടുത്താണ് ഡെഫിക്കേറ്റിംഗ് സെന്റർ ഇരിക്കുന്നത് അവിടെ വരുന്ന വൈകല്യം കൊണ്ടാണ് ശരീരത്തിൽ മുഴകൾ ഉണ്ടാകുന്നത് പണ്ട് സാമാന്യനെയുള്ള മുഴകളെല്ലാം വയറിളക്കിയാൽ പോകും വലിയ മരുന്നൊന്നും വേണ്ട കേരളത് കർക്കൂസ് ചെയ്യുന്ന അതുപോലെ രാവിലെ ഒരു വൈകുന്നേരം വരെ പോകണം അപ്പോൾ ഉപ്പിട്ട് ക്ഷീണമാകുമ്പോൾ ചില ഉപ്പിട്ട് കഞ്ഞിവെള്ളം കൊടുത്ത് പിന്നെ പതുക്കെ വിലേബി മുതലായ കഞ്ഞികൾ കൊടുക്കുക പച്ചധിക ഇല്ലാത്ത കഞ്ഞി അത് പയ്യെ കൊടുത്ത് ദഹനേന്ദ്രിയ വ്യവസ്ഥയെ നേരെയാക്കി പതുക്കെ അഗ്നി വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊണ്ടുവന്നാൽ മുഴയൊക്കെ പോവും അത്ര വലിയ കാര്യമൊന്നുമില്ല ഇത് അറിയാവുന്നതും ചെയ്യുമ്പോൾ ഒരാഴ്ച കൊണ്ട് പോവും അവനങ്ങൾ അത്ഭുത സിദ്ധനുമാവും ഇതിന് സിദ്ധിയൊന്നുമില്ല പഴയ വെല്ലുമ്മമാരുടെ കയ്യിലിരുന്ന കാര്യങ്ങളാണ് എന്റെ ക്യാൻസർ പോയി എൻ്റെ അപ്പൂപ്പന്റെ തലയിൽ ട്യൂമർ പോയി വയറിളക്കിയാ പോവും അത് പഠിക്കണം തള്ളക്കി എനിച്ചൊക്കെ പഠിക്കണം ഇംഗ്ലീഷിൽ ചൊല്ലിയാൽ പോരാ ഏ ഒരു ദിവസം വയറിളക്കിയാൽ മതി ഇത് പറ്റും ഇതിനെന്താ കുറെ ദിവസമായ നല്ലത് ശോധന കുറവായിരിക്കും മിക്കവാറും ട്യൂമർ ഉള്ളവർക്കെല്ലാം ശോധന കുറവുള്ളവർക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ട് തന്നെ കാണും അകത്തും പുറത്തുമൊക്കെ അത് നല്ലപോലെ അടിച്ചു വൈറലാക്കുക പണ്ടുകാലത്ത് തള്ളമാർക്കൊരു പണിയുണ്ടായിരുന്നു പിള്ളേരുടെ പുറകെ അടക്കുക ഒരു കക്കൂസിൽ പോയെന്നൊക്കെ തോന്നും ഇപ്പൊ ഈ പ്രോസക്റ്റ് അകത്തുണ്ടായിരിക്കുക തന്നെ അടച്ചിട്ട് കയറുകയും ചെയ്യുന്നത് മറ്റേ അറിയാൻ വേണ്ടിയാണ് ൗങ്ങിന്റെ തടിയോ രണ്ട് പലകയോ എടുത്തു വെച്ച് അവിടെ പോയി കഴിഞ്ഞാൽ തള്ള പിന്നെ പോകുമ്പോ നോക്കും പോയ പിള്ളേരൊക്കെ എങ്ങനെയുണ്ട് മനസ്സിലായില്ല ഇത് ചക്കച്ചുളയൊക്കെ തിന്നിട്ട് ചക്കച്ചുളയായിട്ട് തന്നെയാണോ പോണത് മനസ്സിലായില്ല അയ്യനൊക്കെ ആ പാലായിലെ മുറ്റത്തിങ്ങനെ അവിടെ എവിടെയൊക്കെ ശങ്കരപ്പനെ പ്രദർശിച്ചു വെക്കുമ്പോ തള്ള പതുക്കെ കമ്പൗണ്ടൊക്കെ കുഞ്ഞുത്തായിട്ട് നോക്കും ഇതിനകത്ത് ചക്കച്ചുള അതുപോലെ ഇടക്കുണ്ടോ മനസ്സിലായില്ല അല്ലാതെ ഇന്നത്തെ പോലെ ഇത് കൊണ്ടുപോയി ലാബോറട്ടറി കൊണ്ടുപോയി മലം ടേസ്റ്റ് ചെയ്യുമൊന്നുമല്ല അതിനകത്ത് അല്ലെങ്കിൽ എന്തൊക്കെയൊക്കെ വിവരം ഉണ്ടാകണം പോരാ അഞ്ചായി അപ്പൊ നിർത്താം ബാക്കി അടുത്ത ായണം നമസ്കൃത്യ നരം ചെയ്യും നരോർത്ഥമാംദേവി സരസ്വതിയാസം തോടെ മുഴിലെ കരിക്കും